മനോഹർമാബോധ ആനന്ദ വിശേഷ ബ്രഹ്മജിജ്ഞാസ കർമ്മജ്ഞാനത്തിന് ശേഷം എന്ന് പറയാമോ പറയുന്നു പ്രാഗപ്യ അതീത വേദാന്ത കർമ്മജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് അതീത വേദാന്ത വേദാന്ത അധ്യയനം ചെയ്തതിനും ബ്രഹ്മജ്ഞാസ എന്നർത്ഥം അതിന് കർമ്മജ്ഞാനം വേണമെന്നില്ല ഒരാൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജന്മനാതന്നെ പൂർവ്വ സംസ്കാരം കൊണ്ട് ബ്രഹ്മജ്ഞാസ ഉണ്ടാകാം നല്ല ൾ ഉപനിഷത്ത് കൊണ്ട് അയാൾക്ക് ബ്രഹ്മജിജ്ഞാസുണ്ടാകാം അതിന് കർമ്മജ്ഞാനം വേണമെന്നില്ല എന്നർത്ഥം ഇതം അത്ര ആഘൂതം ഇതാണ് എന്റെ ആഘൂതം എന്ന് വെച്ചാൽ താല്പര്യം ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണ് കർമ്മജ്ഞാനം കർമ്മജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകാം എന്റെ താല്പര്യം എന്താണ് വിശദീകരിക്കുന്നത് ആഹൂതോന്ന് വെച്ചാൽ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങോട്ട് വിശദീകരിക്കണം ബ്രഹ്മ ഉപാസനായ ഭാവന അപരഭിധാനായ കർമാണി അപേക്ഷം ്രഹ്മോപാസന അല്ലെങ്കിൽ ഭാവന അല്ലെങ്കിൽ നിധ്യാസനം എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെ ഇത് കർമ്മത്തെ അപേക്ഷിക്കുന്നുണ്ട് എന്നാണ് കർമ്മത്തെ അപേക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ നിധ്യാസനം ചെയ്യുന്ന സമയത്ത് യജ്ഞദാന തപസുകളൊക്കെ വേണമെന്ന് എന്നുള്ളതാണ് പൂർവക്ഷി പറയുന്നത് രണ്ടും ഒരുമിച്ചാകുന്നു അല്ല നീത്യാസനം യജ്ഞ തപസ്സുകളെയൊക്കെ ആശ്രയിക്കുന്നുണ്ട് പക്ഷെ മുമ്പ് ചിത്തശുദ്ധിക്ക് വേണ്ടി ദോഷം ശുദ്ധമാണ് അപ്പം പൂർവക്ഷി എപ്പോഴും പറയുമ്പോൾ എന്താണ് ഒരേ സമയം നീത്യാസനവും സമയം യജ്ഞദാന Dham, ya, apara <coughs> ം ബ്രഹ്മോപാസനയാവന അപര അഭിധാന ബ്രഹ്മോപാസന അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് എന്ത് ഉം ഭാവന അപര അഭിധാനം വെച്ച മറ്റൊരു പേരുള്ള കർമാണി അപേക്ഷൻ തേ കർമ്മങ്ങൾ ആശ്രയിക്കുന്നുണ്ട് എന്നു ഞാൻ പുറകക്ഷി പറയുന്നു ഒരേ സമയം തന്നെ ചെയ്യണം യജ്ഞാദികളും ചെയ്യണം ു പറഞ്ഞു കുറോക്ഷി തത്ര ബ്രൂമഹ ഇക്കാര്യത്തിൽ പറയണ് കൊപ്പുനരസ്യഹ കർമാപേക്ഷ ഈ ഉപാസനങ്ങൾ ഭാവന കർമ്മത്തെ അപേക്ഷിക്കുന്നു പറഞ്ഞാൽ അത് എവിടെ അപേക്ഷിക്കുന്നു ചോദിക്കണം ഉപാസന കർമ്മത്തെ അപേക്ഷിക്കുന്നു ഉപാസനയാണി അപേക്ഷ അതെവിടെ എവിടെ അപേക്ഷിക്കുന്നത് അതിനെ വിശദീകരിക്കുന്നു എവിടെയെന്ന് ചോദിച്ചാ എന്താ എവിടെയെന്ന് ചോദിച്ചാരി ഉപാസന അതിന്റെ കാര്യത്തിൽ കർമ്മങ്ങളെ അപേക്ഷിക്കുന്നുണ്ടോ ഉപാസിക്കുന്നു ഉപാസനയുടെ കാര്യം പറഞ്ഞാൽ എന്താണ് സാക്ഷാത്കാരം ശ്രവണം മനനം നിത്യാസനം എന്ന് പറയുന്ന ആ ഭാവന അതിന്റെ ഫലമായിട്ട് പറയുന്ന എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന എന്താണ് ബ്രഹ്മ സാക്ഷാത്കാരം അതാണ് എന്റെ കാര്യം ഈ ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ അതിനു വേണ്ടി ഈ ഭാവന കർമ്മങ്ങളെ അപേക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താണ് ബ്രഹ്മഭാവന ചെയ്യുന്നു യജ്ഞാദികളും ചെയ്യുന്നു അപ്പോഴേ സാക്ഷാത്കാരം ഉണ്ടാകും അങ്ങനെയാണ് സാക്ഷാത്കാരത്തിന് വേണ്ടി എന്നാണ് കിം കാര്യം പാവലികാലം ഉദാഹരണം കൊടുക്കുമ്പോ എവിടുന്നുകൊണ്ടൊരു പൂർവമീമാംസ്യം പൂർവീമാംസ്യം ഉദാഹരണം കൊണ്ടുവരും കാരണം ഇത് വേദവിചാരമാണ് വേദാന്ത വേദവിചാരമാണ് അപ്പൊ അതിന്റെ ന്യായങ്ങൾ പൂർവ്വമീമാംസയുടെ ന്യായങ്ങൾക്കനുസരിച്ചായിരിക്കണം അതുകൊണ്ട് അവിടുന്ന് ഒരു ഉദാഹരണം കൊടുക്കുന്നു ഇങ്ങനെ ഒരു ഉദാഹരണം കൊടുക്കുന്നു പൂർവ്വമീമാംസയില് ഒരു പരിചയമില്ലാത്തവർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് അത് വ്യാഖ്യാനിക്കേണ്ടി വരും യഥാ അഗ്നേയാതീന പരമാപൂർവേ ചരമഭാവി ഫല അനുകൂലെ ജനയിതവ്യേ സംപേക്ഷ ദർശപൂർണ മാസയാഗം അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇവിടെ പറയുന്ന ആറ് യാഗങ്ങൾ ഇവിടെ പറയുന്ന ആഗ്നേയം ആഗ്നേ തുടങ്ങി ആറ് യാഗങ്ങളുണ്ട് അപ്പോ അത് ദർശപൂർണമാസത്തിന്റെ ഭാഗമാണ് അഗ്നേ ആറ് യാഗങ്ങൾ അതിൻ്റെ ഭാഗമാണ് ഈ അതിരാത്രമൊക്കെ വരുന്നു സോമയാഗം എന്താതിന്റെ ഭാഗമായി വരുന്ന അപ്പോ ദർശപൂർണമാസത്തിന്റെ ഭാഗമായി വരുന്ന ഈ ആറ് യാഗങ്ങൾ അതിന്റെ പരമാപൂർവ്വം എന്നുവെച്ചാൽ ഫലം കൊടുക്കുന്നതിനു കാരണമായിരിക്കുന്ന അപൂർവം ഫലമെന്ന് വരുന്ന സ്വർഗമാണ് സ്വർഗഫലം കൊടുക്കുന്നതിന് കാരണമായിരിക്കുന്ന അപൂർവം അതിനെ പരമാപൂർവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പല പല പല അപൂർവങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് അവസാനം സ്വർഗ്ഗത്തിന് കാരണമായി വരുന്ന പരമാപൂർവ്വം കാരണം ഇതിനകത്ത് ഇതിൻ്റെ അംഗയാഗങ്ങൾ വലതുകൊണ്ട് ഇത് തന്നെ ആറ് യാഗങ്ങളാണ് ഇന്നെല്ലാത്തി കൂടെ എന്ത് ചെയ്യുന്നു എല്ലാത്തിലൊന്നും പ്രത്യേകം പ്രത്യേകം അപൂർവം എന്തിനാ മുസല എന്ന് പറഞ്ഞാൽ എന്താണ് ഉരുള് മുലക്കയും അതിലൊട്ട് നെല്ലടിക്കുമ്പോൾ അതിൽ നിന്ന് അപൂർവം ഉണ്ടാവും അതിനുവേണ്ടിട്ട് ഇതിന് പ്രോക്ഷണം ചെയ്യുമ്പോ ഏതിനെ മുലക്കയും ഉരളിനെയൊക്കെ പ്രോക്ഷണം ചെയ്യുമ്പോൾ അപൂർവം ഉണ്ടാകും അങ്ങനെ വൈദികമായ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാവും ഇങ്ങനെ പല പല അപൂർവങ്ങളെല്ലാം കൂടെ കൂടി ചേർന്ന അവസാനം പൂർവം എന്ന് പറയും പറയും പ്രഭാകരന്മാര് ചരമാപൂർവം പരമാപൂർവം എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ ഒരു പരമാപൂർവം ഉണ്ടാകുമ്പോ അതിന് അഞ്ച് യാഗങ്ങളുടെ അപേക്ഷയുണ്ട് അതാണ് കൂടെ പറഞ്ഞിരിക്കുന്നത് സംതാ ത്യാഗം സമിത് യാഗം തനൂനപാദം ർഹി സ്വാഹാകാരം പഞ്ചപ്രയാജെന്ന് പറയുന്നതിന് അപ്പം ഈ അഞ്ച് കർമ്മങ്ങൾ അപേക്ഷിക്കുന്നുവെന്ന് ഈ അഞ്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അപൂർവം വേണം വേണം അപ്പോൾ പ്രധാനമായും ദർശപൂർണ മാസത്തിൻ്റെ ഭാഗമായി വരുന്നത് ആഗ്നേയാദികളാണ് അത് ആറ് പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഇതിന് ദൃശ്യപൂർണ മാസത്തിന് അഞ്ച് യാഗങ്ങളുണ്ട് അംഗങ്ങൾ അതാണ് സമിതാദി എന്ന് പറയുന്നത് സമിത് സ്വാഹകാരം തുടങ്ങിയ അഞ്ച് യാഗങ്ങൾ സംവിധായുജത് ഹൃദയായുജ് ഇങ്ങനെ പറയുന്ന അഞ്ച് യാഗങ്ങൾ അപ്പോൾ ഇന്ന് എല്ലാത്തിനും അപൂർവം അപ്പൊ പ്രധാനമായ ആറ് യാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ചരമാപൂർവം എന്നുവെച്ചാൽ സ്വർഗത്തിന് കാരണമായ ആ പരമാപൂർവത്തിനു വേണ്ടി ഈ പറയുന്ന അഞ്ച് യാഗങ്ങളിൽ നിന്നുള്ള അപൂർവം കൂടിച്ചേരണം എല്ലാം കൂടെ കൂടിച്ചേർന്നാലേ എന്ത് വരത്തുള്ളൂ ഫലമായ സ്വർഗം ഉണ്ടാകത്തുള്ളു അതാണ് യഥാർവേനുകൂലീതവ്യേ സമിതാദ്യപേക്ഷദിക്ക് പരമാപൂർവ അതിൽ നിന്ന് ഉണ്ടാകുന്ന പരമാപൂർവത്തിൽ അതെങ്ങനെ സ്വർഗം അതിന് അനുകൂലമായിരിക്കുന്ന അവസാനമായ ഭാവി ബലത്തിന് അനുകൂലമായി വരി വരുന്ന പരമ ഉം ചിലന്ന് വെച്ചാ വളരെ കാലം എന്നുള്ള അർത്ഥം നമ്മുടെ ചരമഭാവുന്ന ചിലന്ന് വെച്ച വളരെ കാലം അപ്പൊ ചരമമായ അന്തിമമായ ഭാവി ഫലം എന്ന് പറയുന്ന എന്താണ് സ്വർഗം അതിനനുകൂലമായിരിക്കുന്ന പരമാപൂർവം അന്തിമ കാരണം അത് ചരമഫലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചരമഫലം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആഗ്നേയാദികളും ഫലമാണ് അതിന്റെ അപൂർവം ഫലമാണ് അഗ്നേയാദികളിൽ നിന്നുണ്ടാകുന്ന അപൂർവവും സംവിതാദികളിൽ നിന്നുണ്ടാകുന്ന അപൂർവം എല്ലാം ഫലമാണ് പക്ഷെ ചരവ് ഫലം അതല്ല ചെരവ് അവസാനത്തെ ഫലം അതെന്താണ് സ്വർഗം ചെരവ് ഫലം എന്ന് പറയുന്നത് എന്താണ് സ്വർഗം അപ്പോ അതിനനുകൂലമായി വരുന്നു അഗ്നേയാദികളിൽ നിന്ന് ഈ അപൂർവങ്ങളും പിന്നെ അംഗയാഗങ്ങളിൽ നിന്ന് അപ്പോ ഈ സ്വർഗത്തിന് കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായ യാഗത്തിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് പ്രധാന യാഗത്തിൽ നിന്നുണ്ടാകുന്നതാണ് സ്വർഗത്തിന് കാരണമായ അപൂർവം അതിനാണ് പരമാപൂർവം എന്ന് പറഞ്ഞത് പക്ഷെ അതിനോടൊപ്പം എന്ത് വേണം ഈ സമുദായകളിൽ നിന്നുണ്ടാകുന്ന അപൂർവം വേണം എല്ലാം കൂടെ ചേർന്നിട്ടാണ് അവസാനം ചരമഫലത്തെ ഉണ്ടാക്കുന്നത് എന്തോ അപ്പൊ എന്ത് വരുന്നു ഇവിടെ ഉപാസന കർമ്മങ്ങളെ അപേക്ഷിക്കുന്ന അതിന്റെ കാര്യത്തിലാണോ എന്നാണ് ഉപാസന കർമ്മങ്ങളെ അപേക്ഷിക്കുന്നത് അതിന്റെ കാര്യത്തിലാണോ അപ്പൊ ഉപാസനയുടെ കാര്യം എന്താണ് സാക്ഷാത്കാരം അപ്പോ ഈ പറയുന്ന ഉദാഹരണമായിട്ട് നോക്കുക അതിന്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ് പരമാപൂർവം ആ പരമാപൂർവം എന്തിനുണ്ടാക്കണം സ്വർഗത്തെ ഉണ്ടാക്കണം ആ അതിനുവേണ്ടിട്ട് ആ കാര്യം എന്തിനിക്കുന്നു എന്തിനിക്കുന്നു സമതാദികളിൽ നിന്നുള്ള അപൂർവത്തെ മനസിലായോ സമതാദികളിൽ നിന്നുള്ള അപൂർവത്തെ അപ്പൊ അഗ്നയാദികളുടെ കാര്യം എന്ന് പറയുന്നത് എന്താണ് അഗ്നയാദികളുടെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഴുതിയിരിക്കുന്നത് പരമാപൂർവം ആ പരമാപൂർവം എന്തിനു കാരണം സ്വർഗത്തിന് സ്വർഗത്തിന് കാരണം അതിപ്പോ എടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഇപ്പൊ നോക്കേണ്ടത് ആഗ്നയാദികളുടെ കാര്യം എന്തെന്നുള്ളൂ ആഗ്നയാദികളുടെ കാര്യം എന്താണ് പരമാപൂർവം അത് എന്തിനപേക്ഷിക്കുന്നു സംവിധാദികളുടെ അപൂർവത്തെ എന്തിനുവേണ്ടി സ്വർഗത്തിന് വേണ്ടി ഇനി നേരത്തെ പറഞ്ഞതായിട്ട് നോക്കുന്നു നിത്യാസനം അതിന്റെ ഫലം എന്താണ് സാക്ഷാത്കാരം അതിനുവേണ്ടി എന്തിനിക്കുന്നു യജ്ഞദാന തപസ്സുകളെ ആശ്രയിക്കുന്നു കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു െന്താ പറഞ്ഞിട്ട് തെളിയിക്കാറത്ത് നമുക്ക് പരിചയമില്ലാത്ത വിഷയമായത് കൊണ്ടാണ് നീത്യാസനം ത്തിന്റെ ഫലം എന്താണ് സാക്ഷാത്കാരം ഇതൊക്കെ സിദ്ധാന്തമാണ് അതില് സിദ്ധാന്തവും പൂർവോക്ഷവും കൂടിക്കലർന്നിരിക്കുകയാണ് നീത്യാസനത്തിന്റെ ഫലമാണെന്ത് സാക്ഷാത്കാരം ആ പൂർവോക്ഷയും പറയും സിദ്ധാന്തം പറയും റോഷിയോടെ കൂടുതലായി പറയുന്നത് എന്താണ് നിത്യാസനം അതിന്റെ ഫലത്തെ ഉണ്ടാക്കുന്നതിന് എന്തിനിക്കുന്നു കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു ഏതുപോലെ ഉദാഹരണം പറയുന്നു അഗ്നയാദികൾ അതിന്റെ ഫലത്തെ അതിന്റെ ഫലം എന്താണ് പരമാവുഭവത്തെ ഉണ്ടാക്കുന്നതിന് എന്തിനിക്കുന്നു സംഗങ്ങളുടെ അപൂർവത്തെ അംഗ യാഗങ്ങളുടെ അപൂർവത്തെ അതുപോലെയല്ലേ എന്നാ ചോദിക്കുന്നു അപ്പൊ ഒരു കാര്യം മറ്റൊന്നിനെ അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒന്നിന്റെ കാര്യം മറ്റൊന്നിനെ അപേക്ഷിക്കുന്നു അപൂർവത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോ അവിടുത്തെ കാര്യം ഏതാണ് അപൂർവം എന്ന് പറയുന്നത് പരമാപൂർവമാണ് കാര്യം എന്തെങ്കിലുമൊക്കെ പറയാമോ ഒന്ന് പറയാം ചോദിച്ചതിന് ഉത്തരം പറ അവിടെ ഇവിടെ ഒക്കെ പോവാ പരമാപൂർവമാണ് കാര്യം എന്തിന്റെ കാര്യം യാഗങ്ങളുടെ കാര്യം അപ്പൊ ആ പരമാപൂർവം ഉണ്ടാകുന്നത് ആ പരമാപൂർവം എന്തിന് അനുകൂലമായിരിക്കുന്നു സ്വർഗത്തിന് അനുകൂല ആ പരമാപൂർവം സ്വർഗത്തിന് വേണ്ടി എന്തിനക്ഷിക്കുന്നു സമുദായയിൽ നിന്നുള്ള അപൂർവത്തിൽ അതുകൊണ്ട് ഉദാഹരണം പറയുന്നു മനസ്സിലായോ ഈ പരമാപൂർവം എന്തിനു വേണ്ടിയുള്ളതാണ് സ്വർഗത്തെ കൊടുക്കാൻ ആർക്ക് ആർക്കാണ് സ്വർഗത്തെ കൊടുക്കുന്നത് യജമാന അഗ്നയാദികൾ യാഗം ചെയ്യുന്നവരാണ് യജമാൻ യജമാനും സ്വർഗത്തെ കൊടുക്കണം ഏത് അഗ്നയാദി നേരിട്ട് സ്വർഗത്ത് കൊടുക്കു പിന്നെ എങ്ങനെ കൊടുക്കും പരമാപൂർവത്തിലൂടെ കൊടുക്കും അഗ്നേയത്യാഗങ്ങൾ പരമാപൂർവാണ് കാര്യം അത് ഉണ്ടാക്കിയിട്ട് സ്വർഗ്ഗത്ത് കൊടുക്കും അപ്പോ പരമാപൂർവത്തെ ഉണ്ടാക്കി സ്വർഗ്ഗത്ത് കൊടുക്കുന്നു അപ്പൊ സ്വർഗത്തിന് കാരണം എന്താണ് ആ പരമാപൂർവം എന്ന് പറയുന്ന ആ കാര്യം എന്തിനെ അപേക്ഷിക്കുന്നു സമിതാദി അപൂർവത്തെ വിഷയം അതുകൂടെ ചേരണം ചേർന്നാൽ അത് സ്വർഗ്ഗത്തിലുണ്ട് അതുപോലെ ഇത് ഇത്രേയുള്ളൂ എന്ന ഒരു യാഗത്തിന്റെ ഭാഗം ദർശപൂർണ മാസം എന്ന് പറയുന്ന യാഗത്തിന്റെ ഭാഗമായി വരുന്ന നിരവധി യാഗങ്ങളുണ്ട് അതിലാണ് ഈ പറയുന്ന സമിതാദികളും മറ്റുമൊക്കെ അതിരാത്രമൊക്കെ അപ്പൊ ഇതെല്ലാം കൂടെ ആ പ്രധാന യാഗങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്ന അപൂർവത്തിനാണ് എന്താ പറയുന്നത് പരമാപൂർവം അതിൽ നിന്ന് എന്തൊട്ടും പക്ഷെ കിട്ടണമെങ്കിൽ അവിടെ വേറെന്നുകൂടെയാണ് എന്താണ് അപ്പൊ എന്തു പറയുന്നു ഈ ദർശപൂർണമാസയാകം ഈ പരമാപൂർവമാകുന്ന കാര്യത്തെ പരമാപൂർവമാകുന്ന കാര്യത്തെ അപൂർവ്വത്തെ ആശ്രയിക്കും അപ്പോ അത് എങ്ങനെയാണോ അത് സ്വർഗത്തിന് വേണ്ടി സ്വർഗം എന്ന് പറയുന്ന ഫലത്തിനുവേണ്ടി അതുപോലെ ഇവിടെ നീത്യാസനം സാക്ഷാത്കാരം എന്ന് പറയുന്ന ഫലത്തിന് വേണ്ടി എന്താണോ അതായത് വേണ്ടി കർമ്മത്തെ അപേക്ഷിക്കുന്നു പറയുമ്പം ചോദിക്കും അത് നിങ്ങളെന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്താ പ്രമാണം നിങ്ങൾക്ക് അതിൽ നിന്ന് പൂർവ്വമീമാംസിയത് ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ കാര്യത്തിന് വേണ്ടി മറ്റൊന്നിനെ അപേക്ഷിക്കുന്നു അത് പൂർവമീമാംസിയുടെ നിയമമാണ് ആ നിയമം അനുസരിച്ച് വേണം ഉപനിഷത്തനും ചിന്തിക്കാൻ മനസ്സിലായ ഭക്ഷ്യക്കാരനായാലും ശരി ഈ ഭാമികകാരനായാലും ശരി ഉപനിഷത്ത് നിന്ന് അർത്ഥത്തെ എടുക്കുമ്പം ന്യായങ്ങള് പലയിടത്തും കൊണ്ടുവരും മീമാംസ ന്യായങ്ങൾക്കനുസരിച്ചാണ് അർത്ഥത്തെ തീരുമാനിക്കുക അത് ഭാഷകാരനെക്കാൾ കൂടുതലായിട്ട് ഭാഗികാരനവിടെ കൂടുതൽ ഉദാഹരണങ്ങൾ കൊണ്ടുവരും ഭാഷകാരനും കൊണ്ടുവരും അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നു ഇതിനൊക്കെ പ്രമാണമായിരിക്കുന്ന എന്താണ് വേദത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ് അത് ഭാഷ്യകാരനായാലും ശരി ഭവനികാരനായാലും ശരി ഇവർ രണ്ടുപേരും പറയുന്നു ആത്മാവെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്തുകൊണ്ട് അവര് പറയുന്നു പ്രമാണം വേദം പറയുന്നത് കൊണ്ടുണ്ടെന്നാണ് മനസിലായോ ഇനി നിങ്ങൾ എന്തെങ്കിലും യുക്തികള് പറയുകയോ തർക്കങ്ങൾ പറയുകയോ അനുമാനം പറയുവോ എന്തു വേണോ പറയാം പക്ഷെ അനുഭവം എന്ന് പറഞ്ഞാലും ശരി അതൊന്നും മുഖ്യമല്ല മനസ്സിലായോ പിന്നെ ആത്മാവുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട് വേദം പറഞ്ഞിരിക്കുന്നു അപ്പൊ വേദമാണ് മുഖ്യപ്രമാണം അപ്പം ഈ ആത്മാവ് ആത്മജ്ഞാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വേദത്തെ പ്രമാണമാക്കിക്കൊണ്ടാണ് ഈ വ്യാഖ്യാനങ്ങളെല്ലാം സമർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെല്ലാം വേദത്തിൻ്റെ വ്യാഖ്യാനമാണല്ലോ മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മാവിനെ ശങ്കരായോ ഉപാമദികാരനോ ഒക്കെ ചെയ്യുന്നത് വേദത്തിലൂടെ വേദത്തെ വ്യാഖ്യാനിച്ച് അങ്ങനെ ഒരു ആത്മാവുണ്ടെന്നും ആത്മസാക്ഷാത്കാരമുണ്ടെന്നും മുക്തിയുണ്ടെന്നും ഒക്കെ സമർത്ഥിക്കുകയാണ് വേദത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തെടുക്കുകയാണ് പിൽക്കാലത്ത് വന്നപ്പോഴത്തേക്ക് അവരത് ചെയ്തല്ലോ ഭാഷകാരനായാലും ശരിതാക്കളായതിനു ശരി ഇങ്ങനെ കാര്യം ചെയ്തല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം പിൽക്കാലത്ത് ഒന്നുവരെന്ത് ചെയ്തു പിന്നീട് ഓരോരുത്തരും ഇതൊക്കെ നീത്യാസനവും മറ്റും ഒക്കെ ചെയ്തിട്ട് ഇത് ഞങ്ങളുടെ അനുഭവമാണെന്ന് പിൽക്കാലത്ത് പറഞ്ഞു അപ്പോൾ വേദത്തിൽ വേദത്തെ പ്രമാണമായി ആത്മാവിനെയും ആത്മജ്ഞാനത്തെയുമൊക്കെ സമർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അവരാരും ഇത് ഞങ്ങളുടെ അനുഭവമാണ് അതുകൊണ്ട് ്രഹ്മസത്യമാണെന്നല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ആരും അംഗീകരിക്കില്ല വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മം സത്യമാണെന്ന് പിൽക്കാലത്ത് വന്നപ്പം എന്താണ് ഇത് പിൽക്കാലത്തുള്ളവരൊക്കെ പറയുന്നത് എന്താണ് ഇതൊക്കെ ഞങ്ങളുടെ അനുഭവമായതുകൊണ്ട് ഇതൊക്കെ സത്യമാണെന്നാണ് പക്ഷേ ആദ്യം ഇത് അങ്ങനെയല്ല പറഞ്ഞത് വേദം പ്രമാണമായതുകൊണ്ട് ഇതൊക്കെ സത്യം എന്നാണ് മാറ്റേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ഉപാസന കാര്യമായ സാക്ഷാത്കാരത്തിൽ കർമ്മത്തെ അപേക്ഷിക്കുന്നു എന്ന് ചോദിച്ച ആ ചോദ്യത്തിന്റെ താല്പര്യം പൂർവക്ഷം ചോദിക്കുമ്പം ഉപാസനയുടെ സമയത്ത് യജ്ഞദാന തപസുകളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടോ എന്നാണ് സിദ്ധാന്തിയുടെ പക്ഷമനുസരിച്ചാണെങ്കിലോ സിദ്ധാന്തിയുടെ വർഷം എന്താണ് നിത്യാസനം അതിന്റെ സാക്ഷാത്കാരത്തെ ഉണ്ടാക്കുമ്പോ ആ നിത്യാസനം കർമ്മങ്ങളെ അപേക്ഷിക്കുന്നുണ്ട് ചിത്തശുദ്ധിക്ക് വേണ്ടി ഇതാണ് സിദ്ധാന്തപക്ഷം മനസ്സിലായാണ് ക്രമസമുച്ചയം അപ്പോ ഈ പറയുന്നതിന് പൂർവപക്ഷവും സിദ്ധാന്തവും നമ്മള് വേർതിരിച്ചെടുക്കും അപ്പൊ കാര്യത്തിൽ അപേക്ഷിക്കുന്നുണ്ടോ ഇനി അടുത്തപക്ഷം കാര്യ യഥാ അഗ്നേയാദീനാം പരമാപൂർവേ ചരമഭാവി പല അനുകൂലേ ജനയിതവ്യേ പരമാപൂർവ്വം ഉണ്ടാക്കുമ്പോൾ സംവിധാദ്യപേക്ഷ ഇനി സ്വരൂപേവീത്യാസനത്തിന്റെ സ്വരൂപത്തിൽ കാര്യത്തിലല്ല നിതിത്യാസനത്തിന് യജ്ഞദാന തപസ്സുകൾ വേണമെന്നുള്ളതാണ് നിത്യാസനത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു വ്യക്തിയിൽ നിതിത്യാസനം സംഭവിക്കണമെങ്കിൽ അവിടെ യജ്ഞദാന തപസ്സുകളും വേണമോ എന്നാണ് ചോദിക്കുന്നത് ആ നിത്യാസനം എന്ന് പറയുന്ന ഒരു വ്യക്തി ധ്യാനം സംഭവിക്കണ്ടേ നിത്യാസനത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് എന്റെ അനുഷ്ഠാനം ആ അനുഷ്ഠാനത്തിൽ യജ്ഞദാന തപസ്സുകളുടെ അനുഷ്ഠാനവും വേണമോ എന്നാണ് സ്വരൂപത്തിൽ അപ്പൊ വേണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്റെ അർത്ഥം സ്വരൂപത്തിൽ വേണോന്ന് പറഞ്ഞാല് എന്താണ് അതായത് നിത്യാസനം എന്ന് പറയുന്നത് പൂർണമാവണമെങ്കിൽ നിത്യാസനത്തിനോടൊപ്പം തന്നെ എന്തുവേണം യജ്ഞദാന ദിവസങ്ങളും ഉണ്ടാവണം എന്നാലും നിത്യാസനം ആകത്തുള്ളു നമുക്കൊന്നിനെ നിത്യാസനം എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം അവിടെ യജ്ഞവും ഴ ആൾക്കാര് ദേവതയെ ധ്യാനിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നു അപ്പൊ അവര് ദേവതയെ ധ്യാനിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുന്നുണ്ട് ഭാഗ്യമായി എന്ത് ചെയ്യുന്നു ഒരു പൂജയും ചെയ്യുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ദേവതാധ്യാനത്തിന്റെ സ്വരൂപത്തിൽ എന്തുണ്ട് ദേവതാ ദാനത്തിന്റെ സ്വരൂപത്തിൽ എന്തുണ്ട് പൂജയുണ്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തോ കേട്ടോണ്ടിരിക്കുന്നു ദേവതയെ ധ്യാനിച്ചുകൊണ്ടൊരാൾ എന്ത് ചെയ്യുന്നു ഭാഗ്യമായി അർച്ചന ചെയ്യുന്നു മനസ്സിൽ ദേവതയെ ധ്യാനിക്കുന്നു അപ്പൊ നീത്യാസനം ആ ദേവതയെ ധ്യാനിക്കുന്നതിനെന്ന് പറയുന്നത് ഭാവന നീദ്യാസനം അതിന്റെ സ്വരൂപത്തിൽ കർമ്മത്തെ അപേക്ഷിക്കുന്നു പറഞ്ഞാ എന്താണോ ഏ ആ ദേവതയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എന്തു ചെയ്യുന്നു പൂജയും ചെയ്യുന്നു അതിന്റെ സ്വരൂപത്തിൽ തന്നെയുണ്ട് അപ്പോ നമ്മള് രണ്ടിനും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് ദേവതാ ധ്യാനം അപ്പൊ പറയാറില്ല ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രവും ചൊല്ലാറില്ലേ അതിന്റെ മുമ്പിൽ ഒരു എന്താണ് വിളക്കുണ്ടെങ്കിയാൽ പൂവെടുത്തിടാറില്ലേ അപ്പോ അവിടെ എന്തു ചെയ്യുന്നു പല ഒരുമിച്ച് വരുമ്പോഴാണ് ധ്യാനമാകുന്നത് അതാണ് സ്വരൂപത്തിലെന്ന് പറയുന്നു മറ്റു കാര്യത്തിലെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഫലം ഉണ്ടാകുന്ന സാക്ഷാത്കാരം ഉണ്ടാകുന്നതിനു വേണ്ടി അവിടെ ധ്യാനിക്കുന്നു കർമ്മം രണ്ടും ചെയ്യുന്നു മാറി മാറി ചെയ്യുന്നു ധ്യാനിക്കുകയും ചെയ്യുന്നു കർമ്മമനുഷ്ഠിക്കുകയും ചെയ്യുന്നു രണ്ടും കൂടെ ഒരേ സമയം കൊറേ കാലം ചെയ്യുമ്പോഴത്തേക്കായി കണ്ടു വരുന്നു സാക്ഷാത്കാരം സ്വരൂപത്തിൽ എന്ന് പറഞ്ഞ എന്താണോ ദേവതയെ ധ്യാനിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നു പറയുന്നത് പോലെ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്താണ് എന്താണ് എന്നുള്ളത് അതിനെ വേദനിച്ച് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ പറയുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ പറ്റും വേറെ തിരിച്ച് ഇവിടെ അഭീതി പറയുന്നത് നീത്യാസനം എന്താണ് എന്തെങ്കിലും അതിനെ കർമ്മവുമായിട്ട് ബന്ധമുണ്ടോ ഒട്ടുമില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് അപ്പോ നീത്യാസനത്തിന്റെ സ്വരൂപത്തിൽ കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞു ഇവിടെ പൂർവമീമാംസാഹരണം എടുക്കുകയാണ് മീമാംസകർ പറയുന്നതാണ് യാഗത്തിന് രണ്ട് രൂപമുണ്ട് ഒന്നെന്താണ് ദ്രവ്യവും ദേവതയും എന്ന് വെച്ചാൽ അതിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ പിന്നെന്താണ് ഏത് ദേവത ഉദ്ദേശിച്ചാണോ ആ ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന ആ ദേവതി രണ്ടും ഇത് രണ്ടും കൂടാണ് യാഗത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അപ്പൊ ആഗ്നേയാദികളുടെ സ്വരൂപം എന്ന് പറയുന്നത് അവിടെ എന്താണ് ദ്രവ്യവും ദേവതയും ഉണ്ട് അപ്പൊ അവിടെ ദ്രവ്യം എന്താണ് തിരവത്ത് പുരോടാശ് രണ്ടു തവണ മുറിച്ച അപ്പം പുരോഡാശ് ഓട്ടിൽ ചുട്ടെടുക്കുന്ന അട രണ്ടു തവണ മുറിച്ച എന്തിനും രണ്ടു ഗുണമെന്ന് വെച്ചാൽ അതൊക്കെ കർമ്മത്തിന്റെ വിധി അനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പൊ അതാണ് അവിടുത്തെ ദ്രവ്യം ദേവത ആരാണ് അഗ്നി അപ്പോ ഇത് രണ്ടും കൂടെയാണ് എന്ത് ഇതിനെ രണ്ടുമാണ് യാഗങ്ങളുടെ സ്വരൂപം എന്ന് പറയുന്നു മനസ്സിലായോ ആഗ്നേയാദി യാഗങ്ങളുടെ സ്വരൂപം എന്ന് പറയുന്ന എല്ലാ യാഗങ്ങളുടെയും സ്വരൂപം എന്ന് പറയുന്നത് യാഗ സേ രൂപേ ദ്രവ്യം ദേവതാ യാഗത്തിന് രണ്ട് രൂപങ്ങളുണ്ട് ദ്രവ്യവും ദേവതയും ഇത് പൊതു നിയമമാണ് ഇവിടെ അഗനയാദികൾക്ക് എന്താണ് ദ്രവ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഡാശം എങ്ങനെയുള്ള പുരോടാശം രണ്ടു തവണ മുറിച്ച പുരോടാശം ദേവതയെന്താണ് അഭിനി ഇത് രണ്ടും വന്നാലേ യാഗമാകത്തുള്ളു പിന്നെ ബാക്കി കർമ്മങ്ങളൊക്കെ അതിനോടനുബന്ധിച്ചു ഇവിടെ എന്താണ് എങ്ങനെയാണോ ദ്രവ്യവും ദേവതയും ഒരു യാഗത്തിന്റെ സ്വരൂപമായിരിക്കുന്നത് അതുപോലെ നിത്യാസനത്തിന്റെ സ്വരൂപമാണോ യജ്ഞദാന തപസ്സുകൾ എന്നാണ് ചോദിക്കുന്നത് മനസ്സിലായോ അതാണ് അഥവാ യഥാ അഥവാ സ്വരൂപേവ യഥാ തേശാമേവ തേഷാംന്ന് വെച്ചാൽ അഗ്നേയാദീന ധിരവത്താണ് അങ്ങനെയൊക്കെ വിധികളുണ്ട് അഗ്നിദേവതായ അഗ്നിദേവത ആയിട്ടുള്ളതാണെന്ത്രവത്ത പുരോടാശാദി ദ്രവ്യം പിന്നെ അഗ്നി ദേവതാദി അപേക്ഷ അഗ്നിദേവത ഇതിനൊക്കെ അപേക്ഷിക്കുന്നു അതുപോലെയാണോ എന്നാണ് അപ്പോ നീത്യാസനത്തില് കർമ്മങ്ങൾ കാര്യത്തില് കാര്യത്തിനപേക്ഷിക്കുന്നുണ്ടോ കർമ്മങ്ങൾ അതോ എന്താണ് അതിന്റെ സ്വരൂപം അപേക്ഷിക്കുന്നുണ്ടോ നിത്യാസനം കർമ്മങ്ങളെ കാര്യത്തിനപേക്ഷിക്കുന്നുണ്ടോ അതോ നിത്യാസനം എന്താണ് അതിന്റെ സ്വരൂപത്തിന് കർമ്മങ്ങളെ അപേക്ഷിക്കുന്നുണ്ടോ അതിന് ഉദാഹരണവും പറഞ്ഞു ഇത് രണ്ടും എന്താ എന്നാണ് അടുത്ത് പറയുന്നത് ഇത് മനസ്സിലാക്കിയാലേ ഇനി വരുന്ന ഭാവം മനസ്സിലാകത്തുള്ളു എന്നത്കാരിയെ വീദ്യാസനം അതിന്റെ കാര്യത്തിൽ കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു പറഞ്ഞാൽ ശരിയല്ല നീന്താസനം അതിന്റെ കാര്യം എന്താണ് അതിൽ കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു പറഞ്ഞാൽ ശരിയില്ല എന്തുകൊണ്ട് തസ്യ വികൽപ്പസഹത്വ വികല്പത്തെ സഹിക്കില്ല വികൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കാര്യത്തിൽ നിത്യാസനം എന്താണ് അതിന്റെ ഫലത്തിന് വേണ്ടി കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ചോദ്യങ്ങൾ അതാണ് വികല്പം അതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയത്തില്ല നിങ്ങൾ വികല്പത്തെ സഹിക്കില്ല എന്ന് പറയും അങ്ങനെ നിങ്ങൾ പറയണെങ്കിൽ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും അത് നിങ്ങള് മറുപടി പറയുന്നു നിങ്ങൾക്ക് അതിന് കഴിയത്തില്ല അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു എങ്ങനെയാണെങ്കിൽ ആ കർമ്മത്തെ ആശ്രയിക്കുന്നു എന്ന് വന്നാൽ നിത്യാസനം അതിൻ്റെ കാര്യമായ ആത്മസാക്ഷാത്കാരത്തിന് കർമ്മത്തെ അപേക്ഷിക്കുന്നു നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും അതിനൊക്കെ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായി ഫലത്തിൽ എന്തായി ആശ്രയിക്കുന്നില്ല നിത്യാസനം അതിൻ്റെ കാര്യമായ സാക്ഷാത്കാരത്തിന് കർമ്മത്തെ ആശ്രയിക്കുന്നില്ല കാരണം ആശ്രയിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾ ചോദ്യം ചോദിക്കും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നോട് ചില ചോദിക്കാനും അതിന് മറുപടി പറയണമെന്നപോലെ പിടിച്ചു നിർത്തി ചോദ്യം ചോദിക്കാന്ന് ഇതാ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് അതിന് മറുപടി പറയണം പറയാൻ പറ്റില്ല നിനക്ക് അതുകൊണ്ട് എന്താണ് ഈ കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് വ്യതിയാസനം അതിന്റെ കാര്യമായ സാക്ഷാത്കാരത്തിന് കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു പറയാൻ പറ്റിയില്ല സമകാലത്ത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം സമുച്ചയത്തിനോട് നിഷിക്കുന്നു അതിന്റെ ചോദ്യങ്ങളിതാണ് തഥാഹി ബ്രഹ്മ ഉപാസനായ ബ്രഹ്മസ്വരൂപ സാക്ഷാത്കാര കാര്യം സ ഉദ്യോ സംയവന പിണ്ട വികാര് അഘാത സംസ്കാരോ യോക്ഷണാ പയാണ് ചോദ്യങ്ങൾ ഈ ചോദ്യത്തിനുത്തരം പറയാൻ കഴിയത്തില്ല കഴിയാത്തോണ്ട് നിധ്യാസനം സാക്ഷാത്കാരത്തിന് വേണ്ടി അത്രേ ഉള്ളു എന്നു എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ തല കേരളത്തില്ല